ം ഇരുപത്തി ഏഴ് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പുപോലെ യഹോവയ്ക്കുള്ളവൻ ആകണം ഇരുപത് വയസ്സുമുതൽ അറുപത് വയസ്സുവരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് അമ്പത് ശേഖൽ വെള്ളി ആയിരിക്കണം പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് മുപ്പത് ശേക്കേൽ ആയിരിക്കണം അഞ്ചു വയസ്സുമുതൽ ഇരുപത് വയസ്സുവരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് ഇരുപത് ശേക്കേലും പെണ്ണിന് പത്ത് ശേഖലും ആയിരിക്കണം ഒരു മാസം മുതൽ അഞ്ചു വയസ്സുവരെയുള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് അഞ്ച് ശേഖൽ വെള്ളിയും പെണ്ണിന് മൂന്ന് ശേഖൽ വെള്ളിയും ആയിരിക്കണം അറുപത് വയസ്സുമുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് പതിനഞ്ച് ശേഖലും പെണ്ണിന് പത്ത് ശേഖലും ആയിരിക്കണം നിന്റെ മതിപ്പ് പോലെ കൊടുപ്പാൻ കഴിയാത്തവണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തണം പുരോഹിതൻ അവനെ മതിക്കണം നേർന്നവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗമാകുന്നു എങ്കിൽ ആ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം തീയതിന് പകരം നല്ലത് നല്ലതിന് പകരം തീയത് ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത് മൃഗത്തെ വെച്ചുമാറുന്നു എങ്കിൽ അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പാകെ നിർത്തണം അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതനതിനെ മതിക്കണം പുരോഹിതനായ നീ അതിനെ മതിക്കുന്നത് തന്നെ ണം അതിനെ വീണ്ടെടുക്കുന്നുവെങ്കിൽ നീ മതിച്ച തുകയോട് അഞ്ചിലൊന്ന് കൂട്ടേണം ഒരുത്തൻ തന്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതനത് മതിക്കണം പുരോഹിതൻ മതിക്കുന്നത് തന്നെ തന്റെ വീട് വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പുവിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവനുള്ളതാകും ഒരു തൻ തന്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിന്റെ വിത്തുപാടിന് ഒത്തവണ്ണം ആയിരിക്കണം ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് അമ്പത് ശേഖയിൽ വെള്ളി മതിക്കണം യോബേൽ സമ്മത്സരം മുതൽ അവൻ തന്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പുപോലെ ഇരിക്കണം യോബേൽ സംവത്സരത്തിന്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിന്റെ വില കണക്കാക്കണം അത് നിന്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പുവിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തിന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ ശബദാർപിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അതിന്റെ അനുഭവം പുരോഹിതന് ഇരിക്കണം തന്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരു തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പുവില കണക്കാക്കണം നിന്റെ മതിപ്പുവില അവൻ അന്നു യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരണം നിന്റെ മതിപ്പൊക്കെയും ശേഖലിന് ഇരുപത് ഗേര വെച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആയിരിക്കണം കടിഞ്ഞൂൽ പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത് മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളത് അകുന്നു അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ വിലയും അതിന്റെ അഞ്ചിലൊന്നും കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പുവിലേക്ക് അതിനെ വിൽക്കണം എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ മൃഗം അവകാശനിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ ശപതാർപ്പിതം ഒക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധം ആകുന്നു മനുഷ്യവർഗത്തിൽ നിന്ന് ശപദാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളത് ആകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു അതിനോട് അഞ്ചിലൊന്നുകൂടെ ചേർത്ത് കൊടുക്കണം മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നുപോകുന്ന എല്ലാറ്റിലും പത്തിലൊന്ന് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് വെച്ചുമാറുകയും അരുത് വെച്ചുമാറുന്നു അതും വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം അവയെ വീണ്ടെടുത്തുകൂട ഇസ്രയേൽ മക്കൾക്കുവേണ്ടി യഹോവ സിനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ